നമ്മൾ ഇന്ന് പാട്ടുകളൊക്കെ പാടിയപ്പോൾ ശക്തിയെക്കുറിച്ചൊക്കെയുള്ള പാട്ടുകളാണല്ലോ നമ്മൾ ചേർന്ന് പാടിയത് നമ്മൾ പാടും ആർക്കും ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട് എന്നുള്ള പാട്ടുകളൊക്കെ നമ്മൾ പാടി പ്രിയപ്പെട്ടവരെ നമുക്ക് അപ്പോസ്ലപ്പവർത്തി ഒന്നാം അധ്യായത്തിലെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യം വളരെ പ്രശസ്തമായ വാക്യമാണ് അപ്പോസ്ല പ്രവൃത്തി ഒന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസത്തോളം തൻ്റെ ശിഷ്യന്മാർക്ക് അപ്രത്യക്ഷമായി അവരോട് സംസാരിച്ചു അവരെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി അപ്പോഴൊക്കെ കർത്താവ് ഒരു കാര്യം പറയുമായിരുന്നു ഞാൻ പോയാൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ അനാഥരാണ് എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കേണ്ടതിനും നിങ്ങളെ ധൈര്യപ്പെടുത്തേണ്ടതിനും നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിനും നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിനും നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം പകർന്നു നൽകേണ്ടതിനും വേണ്ടി ഒരു സഹായകൻ വരും എന്നുള്ള കാര്യം ആവർത്തിച്ച കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും യോഹനൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിനാറാം അധ്യായം ഈ അധ്യായങ്ങളിലൊക്കെ ആ കാര്യം കർത്താവ് എടുത്തു പറഞ്ഞു എന്നാൽ ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതാ കർത്താവ് നാൽപ്പത് ദിവസം അവരോട് ഉയർത്തെഴുന്നേറ്റൊപ്പം പലവട്ടം പ്രത്യക്ഷമായി അതിനുശേഷം കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ആ സമയത്ത് കർത്താവ് വീണ്ടും അവരോട് പറയുന്നു നിങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോഴ് നിങ്ങൾക്കൊരു ശക്തിയില്ല ശരിയാണ് അവരെ നോക്കുമ്പോൾ അവർക്ക് ശക്തിയില്ല ശക്തി എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തെ നേരിടാനാണ് പ്രാഥമികമായിട്ട് നമുക്ക് ശക്തി വേണ്ടത് പലപ്പോഴും ശക്തി എന്ന് പറയുമ്പോൾ നമ്മളെന്തോ എന്തോ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളെന്തോ പ്രവർത്തിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശക്തി എന്നുള്ള നിലയിൽ നമുക്ക് പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പലപ്പോഴും ശക്തിയെന്ന് പറയുമ്പോൾ തോന്നുക എന്നാൽ അങ്ങനെയല്ല ഒന്നാമത് നമ്മളാണ് നമ്മളാണ് നമുക്ക് ജീവിക്കണം നമുക്ക് ഈ കാര്യങ്ങളെ ധൈര്യത്തോടെ നേരിടണം നമുക്ക് ഒരു ഉറപ്പുണ്ടാകണം ഈ കാര്യം ആ ശിഷ്യന്മാർക്ക് അന്നുണ്ടായിരുന്നില്ല അവർ യേശുവിനെ ക്രൂശിച്ച മഹാപുരോഹിതന്മാർ അതുപോലെ തന്നെ യഹൂദിയ പ്രമാണികൾ ഇവരെയൊക്കെ പേടിച്ച് ഭയപ്പെട്ട് അവർ ഒളിവില് കഴിയുന്നത് ഭയപ്പെട്ട് കഴിയുന്നത് ആയിരുന്നു അവരായിരുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും അവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ഉറപ്പില്ലായിരുന്നു ഇങ്ങനെയെല്ലാം ചിഹ്നവ ചിഹ്നിയവരും കുഴങ്ങിയവരുമായ ആളുകളെപ്പോലെ ഒരു വ്യക്തതയില്ലാതെ ഒരു നേതൃത്വമില്ലാത്തവരെ പോലെ ഇങ്ങനെ നടന്നിരുന്ന ഇവരോട് കർത്താവ് പറയുന്നു ഞാൻ പോവുകയാണ് അപ്പോൾ അവർ കൂടുതൽ പ്രയാസത്തിലായി ഇതേവരെ തങ്ങൾക്കൊരു നായകനുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് സംശയം ചോദിക്കാനും തങ്ങളെ നയിക്കാനും കർത്താവുണ്ടായിരുന്നു ഈ കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ പത്ത് നാൽപ്പത് ദിവസം പലവട്ടം നമ്മളോടൊപ്പമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ട് ധൈര്യപ്പെടുത്തി പക്ഷേ ഇതാ കർത്താവ് പോകുന്നു ഞങ്ങൾ വീണ്ടും അനാഥരായി പോവുകയാണോ ഞങ്ങൾക്കെങ്ങനെ മുന്നോട്ട് പോകാനൊക്കും അവരുടെ മനസ്സിലൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നു നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ശക്തിയല്ലേ ശക്തി ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കും പവർ നിങ്ങൾക്ക് ലഭിക്കും പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളെ എടുക്കാം നമുക്ക് ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം നമ്മൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാ രംഗങ്ങളിലും മഹത്വപ്പെടണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഒന്നാമത്തെ കാര്യമായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ വച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇതിനെതിരായ ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ നമ്മളെ നിരാശപ്പെടുത്തുകയും നമ്മുടെ ധൈര്യത്തെ ചോർത്തി കളയുകയും പാപപ്രലോഭനങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ ശക്തിയില്ലാതെ ആയിരിക്കുകയും ഒക്കെ ചെയ്ത് പലപ്പോഴും ഈ വലിയ കാര്യങ്ങൾ പറയുന്ന കൊച്ചു മനുഷ്യരെ പോലെ നമ്മളായി പോകാറുണ്ട് ക്രിസ്ത്യാനികളെക്കുറിച്ച് ക്രിസ്ത്യാനികളെക്കുറിച്ച് ഒരിക്കൽ ഒരു വിമർശനം ഒരാൾ പറഞ്ഞത് അങ്ങനെയാണ് അവരെന്താ അവർ വലിയ ക്ലെയിം നടത്തുന്ന വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കൊച്ചു മനുഷ്യരാണ് അല്ലേ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്തോ ഞങ്ങൾ ഞങ്ങൾക്കൊരു സ്വർഗത്തിലൊരു പിതാവുണ്ട് ഞങ്ങൾ ആരെയും പേടിക്കുകയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആരാണ് ഞങ്ങൾ ഈ നാട്ടുകാരൊന്നുമില്ല വലിയ വലിയ ക്ലെയിമാണ് വലിയ വലിയ അവകാശവാദമാണ് വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വലിയ ധൈര്യമുണ്ട് പക്ഷെ അടുത്ത് ചെന്ന് നോക്കുമ്പം വലിയ അവകാശവാദമുന്നയിക്കുന്ന കൊച്ചു മനുഷ്യരാണ് ഒരളവിൽ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ വിമർശനത്തിൽ ഒരു അതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യത്തിൻ്റെ മിന്നലാട്ടമുണ്ട് സത്യമുണ്ട് ക്രിസ്ത്യാനികളെന്ന് പൊതുവേ പറയേണ്ടത് നമ്മുടെ അടുത്തേക്ക് നമ്മളതൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത് ഞങ്ങളോ ഞങ്ങൾ ഈ തലമുറയിൽ ദൈവോചനമനുസരിച്ച് ജീവിക്കും ഞങ്ങൾക്കൊരു പിതാവുമുണ്ട് ഞങ്ങളൊന്നിലും അങ്ങനെ നിരാശപ്പെട്ടു പോവുകയില്ല സന്തോഷം ഞങ്ങളുടെ കുത്തകയാണ് എന്നൊക്കെയാ നമ്മുടെ അവകാശവാദം പക്ഷേ സഹോരാ സഹോരി എൻ്റെയും നിൻ്റെയും വീട്ടിൽ വന്ന് നമ്മളെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതം അതിനെ അടുത്ത് നിന്ന് കാണുമ്പോൾ നമ്മളെക്കുറിച്ചും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കൊച്ചു മനുഷ്യർ എന്ന് പറയേണ്ടി വരുമോ അങ്ങനെയെങ്കിൽ ഇതിനെന്താ ഒരു പോം വഴി നമ്മളിപ്പോൾ കണ്ടത് ഈ ശിഷ്യന്മാരെ പോലെ തന്നെയാണ് നമ്മളും ഒരളവിൽ നമുക്ക് പല കാര്യങ്ങളിലും ശക്തിയുടെ കുറവുണ്ട് എന്നാൽ ഇവിടെ ഇതാ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് ശക്തി ലഭിക്കും പരിശുദ്ധാത്മാവാണ് ഇതിനുള്ള ഒരു പോംവഴി എന്ന നിലയിൽ അവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് ആ ഒരു പവറാണ് ലഭിക്കുന്നത് എന്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നയിക്കാനായിട്ട് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാപങ്ങളെ ജയിക്കാനായിട്ട് നമ്മളെ വിട്ടുപിരിയാതെ നമ്മുടെ കൂടുള്ള ചില ദുസ്വഭാവങ്ങൾ മുൻകോപം ഓ പലതരത്തിലുള്ള പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്ന മനോഭാവം ഇതിൽ നിന്നൊക്കെ നമുക്ക് ജയം തന്ന് നമ്മളെ അജയ്യരായിട്ട് നടത്താനായിട്ടാണ് ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത് എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് നമുക്കും ഇന്ന് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അതാണ് എന്നാൽ ഇങ്ങനെ നമ്മൾ ഒരു ശക്തിക്കായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഈ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തായിരുന്നു അവർ ഫീരുക്കളായിരുന്നു ഒരാളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കർത്താവിനെക്കുറിച്ചൊരു വാക്കു പറയാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇവരുടെ കൂട്ടത്തിൽ ഒന്നാമൻ പത്രോസ് ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞ് ഒരു ലിസ്റ്റ് സുവിശേഷങ്ങളിൽ പറയുമ്പോൾ അവിടെ ഒരു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമൻ പത്രോസ് ഒന്ന് ഏ ഒന്നാമൻ പത്രോസ് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും ഒന്നാമൻ അദ്ദേഹമാണ് എന്നൊരു പദവി നമ്മൾ കൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് കത്തോലിക്ക സഭ എങ്ങനെയാണല്ലോ പറയുന്നത് അദ്ദേഹത്തിലാണ് ഈ സഭ പണിയുന്നത് പണിഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ പറയുന്നത് ഏതായാലും പത്രോസിനെ തന്നെ നോക്കുക ഒന്നാമനെ തന്നെ നോക്കൊന്ന് എടുത്തു നോക്കാം ഒന്നാമൻ പത്രോസ് ഒന്നാമനെ ഒന്ന് എടുത്ത് നോക്കിയാൽ എന്താ ആ ഒരു വേലക്കാരി വന്നപ്പം നിന്നെ എങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ ഞാനോ ഞാന് കർത്താവിനെ ഒന്ന് ഏറ്റുപറയാനുള്ള ധൈര്യം പോലും ഇല്ലാതെ മൂന്ന് വട്ടം പ്രാകുകയും ചെയ്തവനാണ് പത്രോസ് ഈ പത്രോസ് പീരുവായ പത്രോസ് ഒരാളുടെ മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയാത്തവൻ ഇങ്ങനെയുള്ള പത്രോസ് ഈ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച കർത്താവ് അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു രണ്ടാമധ്യായത്തിൽ അക്ഷരാർത്ഥത്തിൽ പെന്തക്കോസ് ആൾ വന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള ഒരു അനുഭവം അവർക്ക് ലഭിച്ചു അതിനെ തുടർന്ന് ആ രണ്ടാമധ്യായത്തിൽ തന്നെ പത്രോസ് പത്രോസ് ഒരു പ്രസംഗം നടത്തുക പതിനൊരുവരോട് കൂടെ എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം നമ്മളിതേ വരെ സുവിശേഷങ്ങളിൽ പരിചയപ്പെട്ട പത്രോസ് ഈ നിലയിലുള്ള ഒരു പത്രോസ് ആയിരുന്നില്ല ഒരു വ്യക്തത ഇല്ലാത്തവൻ ഏ ഫീരു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എത്രയും വേഗം താൻ ഒരിക്കലും ഉപേക്ഷിച്ച വള്ളവും വലയും തിരിച്ചു പിടിക്കാൻ പോയവൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പത്രോസ് പക്ഷെ ഇവിടെ ഇതാ രണ്ടാമധ്യായത്തിൽ ഈ പന്തക്കോസ് അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം അവൻ വളരെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു പ്രസംഗിച്ച് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തേയായോ അതിൻ്റെ മുപ്പത്തേഴാമത്തെ വാക്യത്തിൽ ചിലരവനോട് ഇനി ഞങ്ങളെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പം അവൻ ഉടനെ തന്നെ മറുപടി പറയുക നിങ്ങളെന്താണ് വേണ്ടത് നിങ്ങൾ മനസാന്തരപ്പെട്ട് വിശ്വാസ സ്വീകരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം നിങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ ലഭിക്കും എന്നെല്ലാം പറഞ്ഞ് താൻ വളരെ വ്യക്തതയോടെ കാര്യങ്ങൾ ഇവരുടെ മുമ്പാകെ നിരത്തി വയ്ക്കുക ഇങ്ങനെയുള്ള ഒരു വ്യക്തതയുള്ള ഒരാളായിട്ടായിരുന്നില്ല പത്രോസിനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് എവിടെ നിന്നാണ് ഇതെല്ലാം ലഭിച്ചത് ഈ ശക്തി എവിടെ നിന്ന് ലഭിച്ചു ഈ കരുത്ത് എവിടെ നിന്ന് ലഭിച്ചു ഈ വ്യക്തത എവിടെ ലഭിച്ചു ഇതെല്ലാം പരിശുദ്ധാത്മാവിലാണ് ലഭിച്ചത് വേണം നമ്മൾ കരുതാൻ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകിയ ഈ വാഗ്ദാനം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന നമുക്കും പ്രസക്തമായ ഒന്നാണ് ഇന്ന് സുവിശേഷ വഹിത സഭകളിൽ പ്രത്യേകിച്ചും ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഹോദരന്മാർ പലരും കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള ശക്തിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത് പിന്നീട് ആ ദൈവത്തിൻ്റെ പൂർണമായ സത്യങ്ങളെ വെളിപ്പെട്ട് കിട്ടി ബൈബിള് കിട്ടിയ കഴിഞ്ഞ ശേഷം അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നും പഠിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നോക്കുക ദൈവത്തെ ഒരു പിതാവായിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഒരു പിതാവിന് പത്ത് മക്കളുണ്ടെന്നിരിക്കട്ടെ മൂത്ത മകന് നൽകിയ ഒരു സഹായം ഏറ്റവും ഇളയ മകന് ഈ പിതാവ് നിഷേധിക്കുമോ ഇല്ല ഇല്ല നീതിമാനായ ഒരു പിതാവ് ഒരിക്കലും തനിക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കൾക്കും ഒരേപോലെയുള്ള സഹായം നൽകും ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിലെ ഈ പത്രോസുമൊക്കെ ഉൾപ്പെടുന്ന ഈ ആദിമ ശിഷ്യന്മാർക്ക് അവർ അവരെ മുന്നോട്ട് പോകാനായിട്ട് അവർക്കൊരു ശക്തി വേണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് നൽകിയെങ്കിൽ അത് ഇടയ്ക്ക് നിന്ന് പോവുകയില്ല ഇടയ്ക്കങ്ങ് പിൻവലിക്കുകയില്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും സഭയുള്ളിടത്തോളം ഇത് തുടരും സഭയുള്ളിടത്തോളം തുടരും ഇവിടെ ഇരിക്കുന്ന നമുക്കും ഒരു ശക്തിയുടെ അഭാവമുണ്ടെങ്കിൽ ശക്തിയെന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെ നിരന്തരം വേട്ടയാടുന്ന നിരന്തരം തോൽപ്പിച്ച് കളയുന്ന ദുശീലങ്ങൾ നമ്മളെ പലപ്പോഴും നമ്മുടെ ധൈര്യം കെടുത്തി കളയുന്ന പീരുത്വം നിരാശ വ്യക്തതയില്ലായ്മ ഒരാളുടെ മുമ്പാകെ നിൽക്കാൻ കഴിയാത്ത അനുഭവം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു വിടുതലുണ്ട് അതിന് ഞാൻ പോകുന്നത് പ്രയോജനം പോയാൽ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ എടുക്കൽ വരികയില്ല പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ വരും വന്ന് ശക്തിപ്പെടുത്തും എന്നാണ് കർത്താവ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ കർത്താവിനെ പിൻപറ്റുന്ന നമ്മൾ അല്ലെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിലൊരു ശക്തി അത് ഒരു യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ആ കാര്യത്തിനായിട്ട് ദൈവം വാകെ ദൈവത്തോട് അപേക്ഷിക്കേണ്ടേ അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകണ്ടേ ഇന്ന് എനിക്കറിയാം ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ക്രിസ്തീയ ലോകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്താ ഈ പരിശുദ്ധാത്മാവെന്താ അതൊരു വ്യക്തിയാണോ ഒരു ശക്തിയാണോ വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് എപ്പോഴാണ് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത് അതിനുള്ള തെളിവെന്താ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഇതിൻ്റെ തലനാരിഴ കീറി ഒരായിരം വ്യത്യസ്ത കൂട്ടങ്ങൾ ഇന്ന് സുവിശേഷ ലോകത്തുണ്ട് ക്രിസ്തീയ ലോകത്തുണ്ട് പ്രിയപ്പെട്ടവരെ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൻ്റെ ഒരു ആവശ്യകത ഏതളവിലാണ് എന്ന് പ്രാഥമികമായിട്ട് നമ്മളെ കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഒരാൾക്ക് രക്ഷയിലേക്ക് വരാനായിട്ട് കഴിയുകയില്ല നാം വായിക്കുന്നുണ്ടല്ലോ ആ പരിശുദ്ധാത്മാവിനാലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ലോഡ് എന്നു പറയാൻ ഒരാൾക്കും കഴിയില്ല ഒരാൾ ആദ്യമായിട്ട് യേശുവിനെ ലോഡ് കർത്താവ് എന്ന് പറയുന്നത് എപ്പോഴാണ് അവൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് എൻ്റെ ലോഡായിട്ട് എൻ്റെ യജമാനായിട്ട് എൻ്റെ നായകനായിട്ട് സ്വീകരിക്കുന്നു അപ്പോൾ നോക്കുക യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മാവ് വേണം അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമില്ലാതെ രക്ഷ നടക്കുകയില്ല രക്ഷിക്കപ്പെട്ട ഒരാളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ ശിഷ്യന്മാർ നോക്കുക എന്തൊക്കെ നാളിൽ നമ്മൾ കാണുന്ന ഈ ശിഷ്യന്മാർ അവർ കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു രക്ഷാനുഭവം അവർക്കുണ്ടായിരുന്നു കർത്താവിനെ നാഥൻ എന്ന് സ്വീകരിച്ചവരായിരുന്നു അങ്ങനെയുള്ള ആളുകളും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആളുകളും ഒരു ധൈര്യമില്ലാതെ പാവത്തെ ജയിപ്പാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് അവർക്ക് രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് അനുഭവം അങ്ങനെ ഒരു അനുഭവത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു അനുഭവം അവർക്ക് അപ്പോസ്ല പ്രവൃത്തി രണ്ടാമധ്യായത്തിൽ ഉണ്ടായി അതിനെ തുടർന്ന് അത് അവർക്ക് വ്യക്തമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശക്തി ലഭിച്ചതായിട്ട് അവർക്ക് വ്യക്തതയുണ്ടായിരുന്നു ആ വ്യക്തതയെ തുടർന്ന് അവർ ധൈര്യത്തോടെ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ ഇരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ട ആളുകളാണ് സ്നാനപ്പെട്ട ആളുകളാണ് എന്നാൽ രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ് നാളിൽ ശിഷ്യന്മാർക്കുണ്ടായതുപോലെ ഒരനുഭവം പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റെ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് ഒരു നിറവ് ലഭിച്ചു എന്ന് തെളിവോടെ പറയാവുന്ന ഒരു അനുഭവം നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടോ അതിനെക്കുറിച്ചൊരു ഉറപ്പുള്ള എത്ര പേരുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശക്തിക്ക് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് ശക്തി മാത്രമല്ല പരിശുദ്ധാത്മാവ് നൽകുന്നത് യോഹനൻ്റെ സുവിശേഷം നമ്മൾ പല വാക്യങ്ങൾ വളരെ വേഗത്തിൽ നോക്കുകയാണെ ദയവായിട്ട് ശ്രദ്ധിക്കണേ യോഹനൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാലാം അധ്യായം അവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ നിങ്ങൾക്ക് തരും ഇവിടെ ഇവിടെ പരിശുദ്ധാത്മാവിനെ ഇവർക്ക് എന്തിനാണ് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്ന പതിനഞ്ചാമത്തെ വാക്യത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ എൻ്റെ കൽപ്പന കാക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത് അതൊരു ഹെൽപ്പറാണ് ഒരു ഹെൽപ്പർ സഹായകനാണ് സഹായകൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്കൊരു സഹായകനെ ആവശ്യമുള്ളത് നമുക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ആ നൂറ് കിലോ ഭാരമുള്ള ഒരു ബാഗാണ് മക്കളെല്ലാം കൂടെ കൂടി നമുക്ക് വീട്ടിൽ പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് മക്കളെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ അവർക്ക് താല്പര്യമുള്ള സാധനങ്ങളെല്ലാം കൂടെ നിറച്ച് നൂറ് കിലോയുള്ള ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു വിധത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഈ ബാഗ് ഇവിടുത്തെ താഴെ വെച്ചു പക്ഷേ നമുക്കെന്തില്ല നമുക്കിത് എടുത്തോണ്ട് ഈ സ്റ്റെപ്പ് എല്ലാം കയറി ആ ഇവിടെ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി അത് നമ്മുടെ വാഹനത്തെ വെക്കാനുള്ള ശേഷി നമുക്കില്ലാതായിരിക്കുമ്പോൾ നമുക്കെന്ത് വേണം വി നീഡേ ഹെൽപ്പർ നമ്മൾ ഉടനെ ഒരു പോർട്ടറെ വിളിക്കുന്നു പോർട്ടറെ ചെയ്യുന്നു അദ്ദേഹം പുഷ്പം പോലെ അതെടുത്ത് തോളത്ത് വെച്ച് ആ പോരെ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു നമ്മൾ അത്ഭുതപ്പെട്ട് ഈ ആളിൻ്റെ പുറകെ പോകുന്നു ഹെൽപ്പർ ഹെൽപ്പർ സഹായകൻ പ്രിയപ്പെട്ടവർ നമുക്ക് ഒരു സഹായകനെ വേണം സഹായകനെ വേണം ഏതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ഇതാ കർത്താവ് പറയുന്നു കൽപ്പന കാക്കണം കൽപ്പന കാക്കണം ശരിക്കു പറഞ്ഞാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ഈ കൽപ്പനകൾ അല്ലെങ്കിൽ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഈ കൽപ്പനകൾ ബൈബിൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നമ്മളെ കൊണ്ട് മാത്രം കഴിയുകയില്ല നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയുകയില്ല നമ്മൾ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കും നമ്മൾ ആ ബാഗൊക്കെ ഒന്ന് എടുത്ത് പൊക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കും പക്ഷേ എടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ വേഗം തന്നെ അങ്ങ് താഴെ വെക്കും കാരണം നമ്മളെ കൊണ്ട് പറ്റിയുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും എന്ന് പറഞ്ഞതുപോലെ ഈ കൽപ്പന കാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സഹോദര സഹോദരി നിനക്ക് വേണ്ടത് ഒരു ഹെൽപ്പറെയാണ് ഒരു സഹായകനെയാണ് ആ സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു സഹായം മറ്റൊരു തരത്തിലുള്ള നമുക്ക് തരുന്ന ഒരു ഉദവിയെക്കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് നോക്കാം പതിനാലിൻ്റെ ഇരുപത്തിയാറ് അവിടെ വേറൊരു കാര്യമാണ് നമുക്ക് കൽപ്പനക്കാക്കാനുള്ള സഹായത്തെക്കാളും ശക്തിയെക്കാളും മറ്റൊരു കാര്യമാണ് അവിടെ പറയുന്നത് പതിനാലിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം യോഹനൻ്റെ സുശേഷം പതിനാലിൻ്റെ ഇരുപത്തിയാറ് എങ്കിലും പിതാവിൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഇവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താ നമുക്ക് വേണ്ട ഒരു ഉപദേശം നൽകുക നമുക്ക് വേണ്ട അഡ്വൈസ് ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ചെ ചില ആളുകൾ വന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു ചിലത് ചോദിക്കുന്നു നമ്മൾ നമ്മിൽ തന്നെ തിരഞ്ഞു നോക്കുമ്പം ഇതിനൊരു മറുപടി നമുക്കില്ല നമ്മുടെ യുക്തിയിലും ഒന്നും നമ്മളെ ആശ്രയിച്ചാൽ നമുക്കിതിനൊരു മറുപടിയില്ല ഇവിടെ എന്താ പറയേണ്ടത് എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടത് നമുക്കൊരു ഉപദേശം ആവശ്യമുണ്ട് ഒരു അഡ്വൈസ് ആവശ്യമുണ്ട് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആര് നമ്മളെ സഹായിക്കും നമുക്കൊരു ഒരു അഡ്വൈസറായിട്ടൊരു ഉപദേഷ്ടാവായിട്ട് ഒരു ഉപദേശകനായിട്ട് ആരി ഇരിക്കും ഇതാ പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നു പരിശുദ്ധാത്മാവിരിക്കും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ ഒരു നീടിനോടുള്ള ഒരു ആവശ്യകതയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത് ആ രംഗത്ത് നിങ്ങൾക്ക് ഇത് കൽപ്പനക്കാക്കാനാണോ ആവശ്യം അതിന് പരിശുദ്ധാത്മാവുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ഉപദേശമാണോ ആവശ്യം അതിന് പരിശുദ്ധാത്മാവുണ്ടല്ലോ എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിനെ എല്ലാത്തിനും ഒരൊറ്റമൂലി എന്ന നിലയിലാണ് പല വാക്യങ്ങൾ കൊണ്ട് കർത്താവ് പറയുന്നത് സഹോരാ സഹോരി നമ്മുടെ ജീവിതത്തിൽ നീ ചില കാര്യങ്ങളെക്കുറിച്ച് ഇനി എങ്ങനെ പോകും ഈ കാര്യത്തിൽ എന്താ ഒരു ഡെസിഷൻ എടുക്കേണ്ടത് ഇതിന് യേശു പറയണോ നോ പറയണോ ഇത് കർത്താവ് പറഞ്ഞ കാര്യത്തോട് ചേർന്ന് പോകാനാണ് എനിക്ക് ആഗ്രഹം അതിൽ ഏതെങ്കിലും കൽപ്പനയെ ലംഘിക്കുന്നതോ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതിനെതിരായിട്ടായി പോകുമോ ഞാനിപ്പോൾ യേശു പറഞ്ഞാൽ അല്ലെങ്കിൽ നോ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയത്തിലും ഒരു വ്യക്തതയില്ലായ്മയിലുമാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്കാവശ്യം ഒരു ഉപദേഷ്ടാവിനെയാണ് അത് പരിശുദ്ധാത്മാവാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത് ഇത് കർത്താവ് പറഞ്ഞാൽ മാത്രമല്ല ഈ ഒന്നാം നൂറ്റാണ്ടിലെ സഭ മുന്നോട്ട് പോകുമ്പോൾ അവർ പല രംഗങ്ങളിൽ അവരെ ഈ നിലയിൽ അവർക്കൊരു വ്യക്തത നൽകിയത് പരിശുദ്ധാത്മാവ് നമ്മൾ പതിനാറാം അധ്യായ അപ്പോസ്റ്റിലെ പുറത്തി പതിനാറാം അധ്യായത്തിൽ പൗലോസും ഒക്കെ കൂടെ പോകുമ്പം പതിനാറിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ പൗലോസുമൊക്കെ കൂടെ ഇങ്ങനെ പോകുമ്പം ഒരു ബാല്യക്കാരുത്തി എപ്പോഴും അവരുടെ പുറകെ നടന്ന് വിളിച്ച് പറയുമായിരുന്നു എന്ത് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന വിളിച്ചു പറഞ്ഞു ശ്രദ്ധിക്കണേ പൗലോസും ഒക്കെ കൂടെ ഒന്നാം നൂറ്റാണ്ടിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് പലയിടത്ത് പോകുമ്പോൾ ഇവർക്ക് ഇവർക്കൊരു ഫ്രീ പബ്ലിസിറ്റി നൽകാൻ ഒരാൾ മുമ്പിൽ പോവുക ആരാ ഒരു വെളിച്ചപ്പാടത്തിയായിരുന്ന ഒരു ഒരു സ്ത്രീ അവളൊരുപക്ഷെ അവർ ബാല്യക്കാരുത്തി അവളൊരുപക്ഷെ പൗലോസിൻ്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ട് ആ ഞാനും നിങ്ങളുടെ നമ്മുടെ ഒരു സഹോദരിയെപ്പോലൊക്കെ ഭാവിച്ച് അവളും കൂടെ നിൽക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ളവള് എന്ത് ചെയ്യും പൗലോസൊക്കെ എവിടെ വേലും പോകുമ്പോൾ ഒരു ഫ്രീ ആയിട്ടൊരു അഡ്വെർടൈസ്മെൻ്റ് അവൾ കൊടുക്കുക എന്താ പ്രിയപ്പെട്ടവരെ ഞാനുള്ള കാര്യം പറയാം ഇവർ ഇവർ എന്താ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് അവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവായിട്ട് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മൾ പോകുന്ന വഴിക്ക് ആരെയും അങ്ങനെ പറയാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്തേനെ കൊള്ളാം ആ അങ്ങനൊരു സഹോദരി ഇല്ലേ നമ്മൾ വഴിയൊക്കെ നടന്നു പോകുമ്പോൾ എല്ലാവരോടും പറയുക വേണ്ടേ അത്യുന്നതനായ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വലിയേറിയ ദാസം താണ്ട് പോന്നു ഈ കർത്താവിൻ്റെ ദാസം പറയുന്നത് എല്ലാവരും കേട്ടോണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ടല്ലേ നമ്മൾ എടുക്കുക എന്ന പൗലോസിനൊരു തിരിച്ചറി ഉണ്ടായി ഇതെന്തല്ല ഇത് ശരിയല്ല ഇതൊരു ഭൂതമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി ആ പൗലോസ് ആ ബാല്യക്കാരുത്തിയിലുള്ള ഭൂതത്തെ ശാസിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് ഉടനെ തന്നെ ആ നാഴികയിൽ തന്നെ പൂതമളെ വിട്ടുപോയി അവൾക്ക് സൗഖ്യം വന്നു എങ്ങനെയായി തിരിച്ചറിവുണ്ടായത് കണ്ടോ സാധാരണ യുക്തി കൊണ്ട് നോക്കിയാൽ ഈ ബാല്യക്കാരി പറയുന്നതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല അവൾ അവൾ ദൈവത്തിൻ്റെ ആ മുന്നേറ്റം മുന്നോട്ട് പോകാനായിട്ട് അവളെ കൊണ്ടാകുന്നത് ചെയ്യുന്നു എന്നേ ആളുകൾ വിചാരിക്കുകയുള്ളൂ പലരെ കൂടെ നടന്നവർക്ക് ആർക്കും ഇതിൻ്റെ അകത്ത് ഒരു തെറ്റ് തോന്നിയില്ല എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തിരിച്ചറിവ് ആ നിലയിലുള്ള ഒരു വിവേചനമുള്ള അതിനെക്കുറിച്ചൊരു ഉപദേശം ലഭിച്ച പൗലോസ് പൗലോസിന് മനസ്സിലായി ഇത് ശരിയല്ല എന്ന് മനസ്സിലായി താൻ അതിന് കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കുന്നതാണ് കാണും പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലും എവിടെയെങ്കിലും ഒരു വ്യക്തത കുറവുള്ളപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിനെ ഒരു ഉപദേശകനായിട്ടാണ് മറ്റൊരു കാര്യം നാലാമത് ഒരു കാര്യം നമ്മൾ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് എഫ് എസ് എൽ എഴുതിയ ലേഖനത്തിൽ നമുക്ക് നോക്കാം എഫ് എസ് എൽ കെഴുതിയ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം എഫ് എസ് എൽ കെഴുതിയ ലേഖനം എൻ്റെ രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അതായത് ഒരു കാലത്ത് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്ന എഫേസ്യർ അവരെന്ത് ചെയ്തു പൗലോസിൻ്റെ പ്രസംഗം കേട്ട് അവർ ഈ ലോകത്തിൻ്റെ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ പൈശാചികമായ ആത്മാവിനെ വിട്ടിട്ട് യഥാർത്ഥ ദൈവാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ് അവരെക്കുറിച്ച് പൗലോസ് പറയുക രണ്ടിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുന്നു നാം എല്ലാവരും മുമ്പേ നമ്മളെങ്ങനെയായിരുന്നു ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങൾ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിലിരുത്തുകയും ചെയ്തു നീണ്ട ഒരു വാക്യമായതുകൊണ്ട് നമ്മൾ ആദ്യം വായിച്ചു വരുന്നത് ചിലപ്പോൾ മറന്നുപോകും എന്താ ആദ്യം വായിച്ചത് നമുക്ക് ശ്രദ്ധിക്കാം എന്തായിരുന്നു ഇവരുടെ ഒരു കാലത്തെ അനുഭവം ഇവർ ജഡമോഹങ്ങളിൽപ്പെട്ട് നടക്കുകയായിരുന്നു ജഡീകമായ ഇച്ഛകളിൽപ്പെട്ട് നടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവരെ യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പം അവരിപ്പോഴെങ്ങനെ ഇപ്പോൾ അവർ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരെ പോലെയാണ് ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരിൽ ചെയ്ത യഥാർത്ഥ പരിശുദ്ധാത്മാവ് അവരിൽ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ട് വേണം നമ്മളിതിനെ തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഇതിൽ നിന്നെടുക്കാവുന്ന ഒരു കാര്യം നമ്മൾ ജടീകമായ ഒരു മനസ്സിനാൽ ഇപ്പോഴും വിരക്ഷിക്കപ്പെട്ടതിന് ശേഷവും അല്ലെ അല്ലെങ്കിൽ മുന്നോട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോഴും ജഡത്തിൻ്റേതായ ഒരു മനസ്സിനാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് അതിനാൽ ബന്ധിതരായി പോകുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് വേണ്ടത് നമുക്ക് ശരിക്കു പറഞ്ഞാൽ ആത്മാവിൻ്റെ ഒരു യഥാർത്ഥ അനുഭവം നമുക്ക് വേണം അത് ലഭിച്ചാൽ നമ്മൾ സ്വർഗത്തിലിരുത്തപ്പെട്ടവരെ പോലെ ഒരു അതർ വേൾഡിൽ ഈ ലോകക്കാരല്ലാത്തവരെ പോലെ നമ്മളായിത്തീരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇപ്പോഴും ജടീകമായ പല കാര്യങ്ങൾ ആ നിലയ്ക്ക് അതിന് ബന്ധിതരാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പോംവഴിയുണ്ട് അതെന്താണ് പരിശുദ്ധാത്മാവാണ് നമുക്കതിനുള്ള ഒരു പോംവഴി എന്ന് മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സ്വർഗ്ഗത്തിലിരുത്തും സ്വർഗത്തിലിരുത്തും അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ ഇരുത്തുന്ന ഒരു അനുഭവമല്ല നാം ഈ അധ്യായം സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മൾ ഈ ലോകത്തിലാണ് നടപ്പ് ഈ ലോകത്തിൽ തന്നെയാണ് നടപ്പ് പക്ഷേ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട നിലയിൽ ഒരു സ്വസ്ഥതയോടെ നമ്മളായിരിക്കും ഇരിപ്പെന്ന് പറഞ്ഞാൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താ സ്വസ്ഥതയാണ് കാണിക്കുന്നത് എഴുന്നേറ്റ് നിന്നാലോ നടന്നാലോ പ്രവർത്തനങ്ങളെയും അസ്വസ്ഥതയെയുമാണ് കാണിക്കുന്നതെങ്കിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയായി സഹോദര സഹോദരി എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടോ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് എന്നാൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഒരു സ്വസ്ഥതയോടെ ഇരിക്കുന്ന ഒരു അനുഭവം അതുമാത്രമല്ല ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളല്ല നമ്മളെ അന്നേരം സ്വാധീനിക്കുന്നത് മറിച്ചെന്താ സ്വർഗത്തിൻ്റെതാണ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരെ പോലെ ഈ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു അനുഭവം നമുക്കില്ലെങ്കിൽ ഇന്ന് ജടീകമായ കാര്യങ്ങളാൽ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെട്ട് വീഴ്ത്തപ്പെട്ടവരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കാവശ്യം പരിശുദ്ധ ആത്മാവിനെയാണ് ഒരു യഥാർത്ഥ ആത്മാവിനെയാണ് അതിൻ്റെ ഒരു നിറവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വേറൊരു വാക്യം നമുക്ക് നോക്കാം രണ്ട് കൊരിന്തിയർ രണ്ട് കൊരിന്തിയർ മൂന്നാമധ്യായത്തിൽ പരിശുദ്ധാത്മാവും നമുക്ക് തരുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും മൂന്നാമധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അവിടെ ഇതാ വളരെ കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമാണ് അവൻ ഞങ്ങളെ പുതിയ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ഞങ്ങളെ എന്തു ചെയ്യുന്നു ഏ ഞങ്ങളെ മുന്നോട്ട് നടത്തുന്നു അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു കണ്ടോ ആത്മാവ് ചെയ്യുന്ന മറ്റൊരു മറ്റൊരു കാര്യം നമുക്കൊരു ജീവൻ നൽകുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാൽമാവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ നമുക്കൊക്കെ ജീവനില്ലേ ജീവനുണ്ട് നമ്മൾ ക്രിസ്തീയ ജീ ജീവിതത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടപ്പം അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചു കിടന്നാൽ നമ്മൾ ജീവിപ്പിക്കപ്പെട്ടു ജീവിപ്പിക്കപ്പെട്ടു എലൈവായി പക്ഷേ എലൈവായി രക്ഷിക്കപ്പെട്ടു സഭയിൽ മുന്നോട്ട് പോകുന്നു സ്നാനപ്പെട്ടു ഈ കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു സജീവത നമുക്കില്ലെങ്കിൽ ആത്മാവോ ജീവിപ്പിക്കുന്നു ജീവിപ്പിക്കുന്ന ഒരു ആത്മാവിനെയാണ് നമുക്കാവശ്യം ആത്മാവിൻ്റെ ആ നിലയിലുള്ള ഒരു നിറവിനെയാണ് നമുക്ക് ആവശ്യം എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു പക്ഷെ നമുക്കൊരു സജീവതയുണ്ടോ ഒരു എലൈവാണോ മീറ്റിങ്ങിന് വരുന്നു ഇവിടെ എന്തെല്ലാമോ നടക്കുന്നു നമുക്കിതിലൊരു ഇതിലൊരു സജീവതയില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി നമുക്കാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവാണ് എഫ് എസ് എൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കാണുന്നുണ്ടല്ലോ അഞ്ചിൻ്റെ പത്തൊൻപത് പത്തൊൻപതാമത്തെ വാക്യം ആത്മാവ് നിറഞ്ഞവരായി അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മുതൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുകയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരുവനെന്താ അവന് അവൻ പാടുമ്പോൾ സംസാരിക്കുമ്പോൾ നിത്യജീവിതത്തിൽ അവനൊരു സജീവതയുണ്ട് ഇന്ന് ഇന്ന് ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന നമ്മിൽ പലർക്കും ആ നിലയിൽ നമുക്കൊരു ജീവനുണ്ടോ ജീവനുള്ള ആളുകളാണോ ആത്മാവിൻ്റെയും ആത്മാവോ ജീവിപ്പിക്കുന്നു ജീവിപ്പിക്കുന്നു ജീവൻ്റെ ഒരു ശക്തി നമുക്കില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ കൂടി വരവുകളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ മീറ്റിങ്ങുകളിൽ ഈ കാര്യങ്ങളൊരു ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ ഹൃദയത്തിൽ ഇതൊരു ഇതൊരു റിയലായ ഒരു കാര്യം പോലെ സജീവമായിട്ടായിരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മാവോ ജീവിപ്പിക്കുന്നു ആത്മാവിൻ്റെ ഒരു വലിയ അനുഭവം ഒരു നിറവിൻ്റെ അനുഭവം നമുക്കുണ്ടാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം മറ്റൊരു കാര്യം യോഹനാൻ്റെ സുവിശേഷം പതിനാറാമധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഞാൻ വളരെ വേഗത്തിൽ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ശ്രദ്ധിക്കണേ യോഹന്നാൻ്റെ സുശേഷം പതിനാറാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പരിശുദ്ധാൽമാവ് എന്ത് ചെയ്യും ആ പരിശുദ്ധാൽമാവിനെ കുറിച്ച് ഇപ്പം നമ്മുടെ മീറ്റിങ്ങുകളിലെ ഒരു സജീവതയെക്കുറിച്ച് പറഞ്ഞു ഇതിൻ്റെ പതിനാറ് ഇവിടെ ഇതാ യോഹന്നാൻ്റെ സുശേഷം പതിനാറാമധ്യായത്തിൻ്റെ പതിമൂന്നിലേക്ക് വരുമ്പോൾ ആത്മാവ് വരുമ്പോഴോ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി ഇവിടെ ആത്മാവിനെ എന്തായിട്ടാണ് പറഞ്ഞേക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവെന്നാണ് പറഞ്ഞേക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവ് സത്യമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വെറും ഒരു ട്രൂത്ത് എന്നുള്ളതല്ല സത്യമെന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക് റിയാലിറ്റി എന്നുള്ളതാണ് റിയാലിറ്റി റിയാലിറ്റിയുടെ ഒരു ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ റിയാലിറ്റിയിലെ വഴി നടത്തും നമ്മളുമുമ്പേ പറഞ്ഞല്ലോ ആത്മാവ് ആത്മാവ് വരുമ്പോൾ ആരാധനയിൽ അതിൻ്റെ ഒരു സജീവതയുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇന്ന് പലയിടത്തും എന്താ പലയിടത്തും ആത്മാവിൻ്റെ അനുഭവങ്ങളുണ്ടെന്ന് പറയുന്നിടത്ത് ആരാധന അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ അവിടെ സജീവതയുണ്ട് അവിടെ ഒച്ചയുണ്ട് അവിടെ പാട്ടുണ്ട് സങ്കീർത്തനങ്ങളുണ്ട് സ്തുതികളുണ്ട് പക്ഷെ അവിടെ കഴിഞ്ഞ് അവരുടെ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് വരുമ്പം അവിടെ എന്തില്ല ഒരു റിയാലിറ്റി ഇല്ല റിയാലിറ്റി ഇല്ല റിയാലിറ്റി ഇല്ല ഈ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രസക്തമല്ലാത്തതുപോലെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഈ ആത്മാവ് അവരെ ഒരു റിയാലിറ്റിയിലേക്ക് നടത്താത്തതുപോലെ മീറ്റിംഗുകളിൽ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രകടനമോ ഒരു പരിപാടിയോ മാത്രമാക്കിയാൽ ജീവിതത്തിൽ അതില്ലെങ്കിൽ ഒരു അൺറിയലായ ഒരു ലൈഫാണ് അവർ നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെന്ത് ചെയ്യും റിയാലിറ്റിയിൽ വഴി നടത്തും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇന്ന് ആരാധനയുടെ പേരിലൊക്കെ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ പലയിടത്തും എന്താ ആ ആരാധനയെന്ന് പറയുമ്പോൾ അവർ നടത്തുന്ന ഒരു പരിപാടി ഒരു പ്രകടനം അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ അത് നൽകുന്ന ഒരു നിലപാടുകൾ അവരെടുത്തിട്ടില്ല ചില കാര്യങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പോകുന്ന അൺറിയലായ ഒരു കാര്യം എന്നാൽ ഇവിടെ ഇത് ആത്മാവിനെക്കുറിച്ച് പറയുന്നത് ആത്മാവ് എപ്പോഴും റിയലായിരിക്കും അതവരുടെ ഞായറാഴ്ചത്തെ മീറ്റിങ്ങിനെ മറ്റു ദിവസത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒന്നല്ല ഞായറാഴ്ച പോലെ തന്നെയാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇന്നോ തിങ്കളു മുതൽ ശനി വരെ ഒരു തരത്തിൽ ജീവിച്ചിട്ട് ഞായറാഴ്ച വന്നിട്ട് മീറ്റിങ്ങുകളിലെ സജീവത മാത്രമാക്കിപ്പോയാൽ അവിടെ ഒരു റിയാലിറ്റി ഇല്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് റിയലാണ് ഒരു വശത്ത് മീറ്റിങ്ങിലെ സജീവതയുണ്ട് അതേസമയം തന്നെ നിത്യജീവിതത്തിൽ അത് ഒരു യാഥാർത്ഥ്യത്തെ സ്പർശിക്കുകയും വേണം യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഈ നിലകളിലെല്ലാം ഉള്ളതാണ് ഏഴാമത്തെ ഒരു കാര്യം കൂടെ നോക്കാം നമുക്ക് രണ്ട് കൊരിന്ത്യർ മൂന്നാമധ്യായം മൂന്നാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പരിശുദ്ധാൽമാവ് ആത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യം അവിടെ പറയുന്നു രണ്ടിൻ്റെ മൂന്നിൻ്റെ പതിനേഴാമത്തെ വാക്യം നാം എല്ലാവരും ആത്മാവാകുന്ന ആത്മാവാകുന്ന ആ എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു പതിനെട്ടാമത്തെ വാക്യം എന്നാൽ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനെക്കുറിച്ച് പറയുന്നു കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ കേവലം ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഫ്രീഡം എന്നുള്ളതല്ല അവിടെ എന്തുണ്ട് അവിടെ വിമോചനമുണ്ട് അവിടെ വിമോചനമുണ്ട് ആത്മാവ് നൽകുന്ന മറ്റൊരു കാര്യം വിമോചനമാണ് സ്വാതന്ത്ര്യമാണ് ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മുടെ പാപമുറുകറ്റുന്ന പാപത്തിൽ നിന്ന് ഇതിൽ നിന്നൊക്കെയുള്ള വിമോചനം സ്വാതന്ത്ര്യം ആത്മാവ് നൽകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മളെന്താണ് വേണ്ടത് നമ്മൾ ആ ആത്മാവിൻ്റെ ആ ഒരു നിറവിനെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമ്മൾ പലപ്പോഴും പലപ്പോഴും പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അത് പെന്തക്കോസുകാരായ ഏതോ സഹോരന്മാർക്കൊക്കെ ഉള്ളതാണ് നമുക്കതുമായിട്ടൊരു വലിയ ബന്ധമില്ല എന്നാണോ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് ഈ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും നമുക്ക് സഹായകനായിട്ട് ആയിരിക്കും നമുക്ക് ഉപദേശങ്ങൾ നൽകും നമ്മളെ ആഴമേറിയ ആത്മീയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും നമുക്ക് വലിയ സ്വസ്ഥത തരും നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് തരും അതുപോലെ തന്നെ നമ്മളെ സജീവതയുള്ളവരാക്കും നമുക്ക് യാഥാർത്ഥ്യബോധമുള്ളവരാക്കും നമുക്ക് ദുശീലങ്ങളിൽ നിന്നും പാപത്തിൻ്റെ മുറുകപ്പറ്റുന്ന അനുഭവങ്ങളിൽ നിന്നും വിമോചനം തരും ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളെന്താ വേണ്ടത് നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വർദ്ധിച്ച അനുഭവത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പലതും നമുക്കില്ലെങ്കിൽ കേവലം അതിനു വേണ്ടിയല്ല ചോദിക്കേണ്ടത് മറിച്ച് എന്താ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഒറ്റമൂലിയായിട്ട് കർത്താവ് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബൈബിള് നിർദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വർത്തമാനമായ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് നമ്മളെ ചോദിക്കേണ്ടത് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് ചോദന ചെയ്യാം നമുക്ക് ഒരു സാക്ഷിയാകാനായിട്ടുള്ള ഒരു ശക്തി പലപ്പോഴും ഉണ്ടോ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ കോളേജിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ആ നിലയിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു ശക്തിയുണ്ടോ അതോ സ്കൂളിൽ കോളേജിൽ ഓഫീസ് ചെല്ലുമ്പം നാടോടുമ്പോൾ നടുവേ ഓടുന്ന മട്ടിൽ അതിന് വ്യത്യസ്തമായിട്ടൊരു നിലപാടെടുക്കാൻ ശക്തിയില്ലാത്തവരാണോ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിലും അതിൻ്റെ ഒരു നിറഞ്ഞു കവിയുന്ന അനുഭവം നമുക്കില്ല അതാണ് നമ്മുടെ ശക്തിയുടെ അഭാവത്തിന് കാരണം എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനായിട്ട് ചോദിക്കുക നമുക്ക് ചില കാര്യങ്ങളിൽ ചെയ്തെടുക്കാൻ കൽപ്പനകൾ കാക്കാൻ നമുക്ക് ഒരു സഹായം ആവശ്യമുള്ളതുപോലെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് പറ്റാത്തതുപോലെ നമുക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വർത്തമാനമായ അനുഭവത്തിനായിട്ട് ചോദിക്കുക നമുക്ക് ചില രംഗങ്ങളിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയില്ലാതെ തിരിച്ചറിവില്ലാതെ ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ചഞ്ചലിച്ച് അങ്ങനെ അങ്ങ് ഇരുന്ന് പോവുകയാണോ തീർച്ചയായിട്ടും ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ചില സംശയങ്ങൾ വരാം എന്നാൽ ആ സംശയത്തിൽ തന്നെ നമ്മളങ്ങ് തുടർന്ന് അവിടെ അങ്ങ് ഫ്രീസ് ചെയ്ത് നിൽക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല നമ്മൾ അവിടെ പുറത്തു വരണം പക്ഷേ അതിനുള്ള ഉപദേശം ആര് തരും പരിശുദ്ധാത്മാവ് നമുക്ക് തരും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ആ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യകതയുള്ളിടത്ത് നമ്മൾ കാണുന്നുണ്ടോ അതുപോലെ നമുക്ക് ആഴമായ ഒരു ആത്മീക അനുഭവം സ്വർഗത്തിലിരുത്തപ്പെട്ട പോലെയുള്ള ഒരു അനുഭവം ജടീകമായ കാര്യങ്ങൾ ഇപ്പോഴും അലട്ടാതെ വണ്ണം ഓ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട പോലെ സ്വസ്ഥതയുള്ള ചാഞ്ചല്യമുണ്ട് ഈ ലോകത്ത് പല കോളിളക്കങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ മേൽ നിൽക്കുന്ന ഒരു അനുഭവം പത്രോസിനെ പോലെ പത്രോസ് പത്രോസ് പറഞ്ഞല്ലോ യേശു നീ ആണെങ്കിൽ ഞാൻ വരാനായിട്ട് നീ കൽപ്പിക്കാമോ എന്ന് ചോദിച്ചു കർത്താവ് പറഞ്ഞു നീ വരിയാണെന്ന് പറഞ്ഞു അവൻ എന്ത് ചെയ്തു അവനീ ഓളങ്ങളുടെ മേൽ തിരമാലകളുടെ മേൽ അവൻ തന്നെ കാലു വെച്ച് നിന്നു എന്ന് പറയുന്നത് പോലെ ഈ ലോകം നമ്മളായിരിക്കുന്ന ഈ ലോകം നമ്മളായിരിക്കുന്ന ഇടപെടുന്ന ആ ലോകത്തിൽ പലപ്പോഴും ചാഞ്ചല്യങ്ങളും തിരമാലകളും ഉണ്ട് അതിൻ്റെ മേളിൽ സ്വസ്ഥതയോടെ ഉറപ്പോടെ വ്യക്തതയോടെ ഓ സ്വർഗീയമായ മൂല്യങ്ങൾ കൈയാളുന്നവരായിട്ട് നമുക്ക് നിൽപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് ആവശ്യം നമുക്കൊരു സജീവതയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് നമുക്കാവശ്യം നമ്മുടെ ജീവിതം മീറ്റിങ്ങിൽ വരുമ്പം ഒരു ജീവിതവും മീറ്റിങ്ങിന് പുറത്ത് മറ്റൊരു ജീവിതവുമായിട്ട് രണ്ടായിട്ട് മുറിഞ്ഞുകിടക്കുകയാണെങ്കിൽ രണ്ടു കൂടെ ചേർന്ന് ഒരൊറ്റ ജീവിതമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി യാഥാർത്ഥ്യമില്ലെങ്കിൽ നമ്മൾ അന്നേരവും ചോദിക്കേണ്ടത് സത്യത്തിൻ്റെ ആത്മാവ് റിയാലിറ്റിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നമുക്ക് ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് മോചനമുണ്ട് നമുക്ക് പല കാര്യങ്ങളിൽ ഒരു മോചനമില്ലെങ്കിൽ ഇന്നും രക്ഷിക്കപ്പെട്ട് പതിനഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി സഭയിൽ തുടരുന്നു പക്ഷേ ഇപ്പോഴും പല കാര്യങ്ങളിൽ ഒരു വിമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ഈ പരിശുദ്ധാൽമാവിൻ്റെ അനുഭവത്തിനായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കതെങ്ങനെ നമുക്കതെങ്ങനെ ലഭ്യമാകും അതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് ഈ അപ്പോസ്ല പ്രവൃത്തിയിൽ അഞ്ച് ഭാഗങ്ങളിൽ അഞ്ച് ഭാഗങ്ങളിൽ പരിശുദ്ധാൽമാവ് അവരുടെ മേൽ വന്നു അവരെ മുന്നോട്ട് നടത്തി എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിൽ മൂന്ന് ഭാഗങ്ങൾ അതായത് പെന്തക്കോസ് നാൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെ നാളിൽ അപ്പോസ് ചില പ്രവർത്തി രണ്ടാമധ്യായത്തിൽ ഒരു നിറവുണ്ടായപ്പം അവിടെ ഉണ്ടായിരുന്ന അതിനുള്ള ലക്ഷണം എന്തായിരുന്നു അന്യഭാഷാഭാഷണമായിരുന്നു രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ ഒന്നിച്ചു കൂടിയിരുന്നു പരിശുദ്ധാത്മാവ് അവരുടെ വന്നു ഉടനെ അവർ രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചിരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ ഒരു അനുഭവത്തിന് അതിൻ്റെ ആദ്യ അനുഭവത്തിന് ഒരു തെളിവായിട്ട് അവിടെ നൽകുന്നത് അന്യഭാഷാ എന്നാൽ തുടർന്ന് എട്ടാമധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പിന്നീട് നമ്മൾ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് വായിക്കുന്നത് എട്ടാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എട്ടാമധ്യായത്തിലെന്താ ശമര്യക്കാര് ഈ വചനമൊക്കെ സ്വീകരിച്ചു എന്നൊക്കെട്ടു ശമരിയക്കാര് ഈ വചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പം എരുഷലേമിലുള്ള വിശ്വാസികൾ ഇവരോട് സംസാരിക്കാനൊക്കെ വേണ്ടി അപ്പോസന്മാരെ അവിടേക്ക് വിടുന്നു അവിടെ ചെന്നപ്പോൾ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തതയുണ്ടായിരുന്നെങ്കിലും അവർ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് പ്രാപിച്ച അതുകൊണ്ട് ഈ ചെന്ന അപ്പോസന്മാർ ഈ ശബരിയരുടെ മേൽ അവർ അവരുടെ മേൽ കൈവെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് എട്ടിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അപ്പോസപ്പുറത്തി എട്ടിൻ്റെ പതിനാറ് മുതൽ അന്നു വരെ അവരിൽ ആരുടെ ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാൽമാവ് ലഭിച്ചു അപ്പോഴാണ് അവർ പരിശുധാത്മാവിൻ്റെ ആ നിറയിൽ ആ നിലവിലുള്ള ഒരനുഭവം അവർക്ക് വന്നത് പക്ഷേ അവിടെ അന്നേരം അടയാളം എന്താണെന്ന് അവിടെ പറയുന്നില്ല പരിശുദ്ധാത്മാവ് ലഭിച്ചു രണ്ടാമധ്യായത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ലഭിച്ചു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു പക്ഷേ ഇവിടെ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുന്നില്ല എന്നാൽ കാണാവുന്ന എന്തോ ഒരു കാര്യം അവിടെ നടന്നു അപ്പോസ്റ്റന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ഷീമോൻ കണ്ടാറെ അപ്പം കാണാവുന്ന എന്തോ ഒരു കാര്യം വ്യക്തതയുള്ള ഒരു കാര്യം നടന്നു എന്നാൽ അത് പരിശുദ്ധാത്മാവാണെന്ന് അവിടെ എടുത്ത് രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഒൻപതാം അധ്യായത്തിൽ പൗലോസ് ശൗല് പൗലോസാകുന്ന അനുഭവമാണല്ലോ പറയുന്നത് അനന്യാസ് വന്ന് അവൻ്റെ മേൽ കൈവച്ചു കൈവച്ച് അവനെ എന്തു ചെയ്തു അവനെ പരിശുദ്ധാത്മ പൂർണനായി എന്ന് വായിക്കുന്ന ഭാഗം പക്ഷെ അവിടെയും പൗലോസ് പരിശുദ്ധാത്മപൂർണനായി ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നിടത്ത് അന്യഭാഷ എന്നൊരു അടയാളം ആ നിലയിൽ അവിടെ പറയുന്നില്ല കണ്ടോ അതിൻ്റെ ഒൻപതാം അധ്യായം അപ്പുസ്രപൂർത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഈ വാക്യങ്ങൾ നോക്കുക ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു പക്ഷേ ശക്തി പ്രാപിച്ചു അന്യഭാഷകൾ സംസാരിച്ചു എന്ന് എടുത്ത് പറയുന്നില്ല അന്യഭാഷകൾ സംസാരിച്ചു കൂടുന്നില്ല പൗലോസ കൊരിന്തേർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളെക്കാളെല്ലാം ഏറെ അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെന്ന് താനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം പക്ഷേ ഇവിടെ അത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നില്ല പത്താം അധ്യായം അപ്പോസ്ല പ്രവർത്തി പത്താം അധ്യായം ആ പത്താം അധ്യായത്തിലാണ് കൊർന്നെല്യോസിൻ്റെ ഭവനത്തിൽ ജാതികളുടെ ഇടയിലേക്ക് ഈ സുവിശേഷം കടന്നു ചെല്ലുന്നത് അവിടെ ചെല്ലുന്നിടത്തും പത്രോസ് പ്രസംഗിച്ചപ്പം അവിടെയുള്ളവർ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്താമധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വാക്യങ്ങൾ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു അവിടെ ഇതാ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് എടുത്തു പറയുന്നുണ്ട് ഇനിയും കാണുന്ന ഒരു സംഭവം അപ്പോസില പ്രവൃത്തി പത്തൊൻപതാം അധ്യായമാണ് പത്തൊൻപതാം അധ്യായം എഫേസോസിലെ വിശ്വാസികളോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവരോട് യോഹന്നെ ശിഷ്യന്മാരായിരുന്ന എഫേസോസിലെ ആളുകളോട് പൗലോസൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് കർത്താവിലവർ വിശ്വസിച്ചു വിശ്വസിച്ച് അവരെ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തിയിട്ട് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ പുരുഷന്മാരെല്ലാം കൂടെ പന്ത്രണ്ടോളമായിരുന്നു അപ്പോസ്തല പ്രവൃത്തി പത്തൊൻപതിൻ്റെ ആറാമത്തെ വാക്യമാണ് വായിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ വേഗത്തിൽ നോക്കിയത് എന്താ അപ്പോസ്തല പ്രവൃത്തിയിൽ അതായത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അഞ്ച് സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് പറയുന്ന രംഗങ്ങളുണ്ട് ആദ്യത്തേത് രണ്ടാമധ്യായത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി രണ്ടാമധ്യായം പെന്തക്കോസ് നാളിൽ രണ്ടാമത്തേത് എട്ടാമത്തെ അധ്യായം ശമീരവരുടെ മേൽ മൂന്നാമത്തേത് ഒൻപതാം അധ്യായത്തിൽ ഷവുലിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് പത്താം അധ്യായം കൊർനെല്യോസിൻ്റെ ഭവനത്തിൽ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം പകരപ്പെട്ടത് പത്തൊൻപതാം അധ്യായത്തിൽ എഫേസോസിലെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം പകരപ്പെട്ടത് ഈ അഞ്ച് സംഭവങ്ങളിൽ പറയുന്നിടത്ത് മൂന്നിടത്ത് മൂന്ന് ഭാഗങ്ങളിൽ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് രണ്ടാമധ്യായത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്താമധ്യായത്തിൽ പറയുന്നുണ്ട് പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അന്യഭാഷകൾ സംസാരിച്ചു എന്നാൽ രണ്ടിടത്ത് അന്യഭാഷകൾ സംസാരിച്ചു എന്ന് പറയുന്നില്ല ഞാനെന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പെന്തക്കോസഹോന്മാർ പലരും പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവം ഉണ്ടാകുമ്പോൾ അതിന് ഏകവും പ്രത്യക്ഷവുമായി ഒരൊറ്റ അടയാളമേ ഉള്ളൂ അത് അന്യഭാഷാ ഭാഷണമാണ് പറയാറുണ്ട് എന്നാൽ നമ്മളിപ്പോൾ അഞ്ച് സംഭവങ്ങൾ നോക്കിയപ്പോൾ മൂന്നിടത്തും അന്യഭാഷയുണ്ട് പക്ഷേ രണ്ടിടത്തെങ്കിലും അന്യഭാഷയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല നമ്മൾ ദൈവവചനം പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കുകയും പറയാത്ത കാര്യങ്ങളെ അതേപോലെ തന്നെ എടുക്കുകയുമാണ് തെറ്റിപ്പോകാതിരിക്കാൻ നല്ലത് അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരു നിറവുണ്ടായതിന് പരിശുദ്ധാത്മ സ്നാനം ഉണ്ടായതിന് അന്യഭാഷ എന്നാൽ അങ്ങനെ അല്ലാതെ വേറെ നിലയിലാണെങ്കിലും ഒരു ഉറപ്പും ധൈര്യവും ലഭിച്ചാൽ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സഹോദരനെ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ആ മറ്റൊരു മുതിർന്ന സഹോദരനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരന് ഉടനെ അന്യഭാഷകൾ സംസാരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു നിന്നു പക്ഷേ അങ്ങനെ കാണാവുന്ന ആ നിലയിലുള്ള ഈ ഒരു അടയാളങ്ങളൊന്നും അദ്ദേഹത്തിൽ അന്നേരം ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം എന്തു പറഞ്ഞു എനിക്കുറപ്പായി എനിക്കുറപ്പായി എൻ്റെ ഉള്ളിലേക്കൊരു ശക്തി വന്നു എനിക്കുറപ്പായി ഒരാളത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് പിന്നീട് തെളിയിക്കപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ നിഷേധിക്കാനായിട്ട് കഴിയും ഞാനാ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരു അനുഭവം വരുമ്പോൾ അന്യഭാഷാ ഭാഷണം തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഉണ്ട് ഉള്ള ഒരു അനുഭവത്തിലേക്ക് വന്നാൽ അതിലൊരു തെറ്റും പറയാനില്ല അഞ്ച് സംഭവങ്ങളിൽ മൂന്ന് സംഭവങ്ങളിലും അതുണ്ട് എന്നാൽ അങ്ങനെ അല്ലാത്ത എക്സെപ്ഷനായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും നമ്മൾ തള്ളിക്കളയേണ്ട ആത്മാവെന്താ ആത്മാവ് അത് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു പ്രവൃത്തിയെ നമുക്കൊരു നിശ്ചിത നിലയിൽ ഒതുക്കി നിർത്താനായിട്ട് പലപ്പോഴും കഴിയില്ല ആത്മാവത് ഇഷ്ടമുള്ളിടത്തെ കൂതുന്നു അങ്ങനെ പ്രവർത്തിക്കാം ഇങ്ങനെ പ്രവർത്തിക്കാം നമുക്ക് വേണ്ടത് എന്താ നമുക്ക് കേവലമൊരു അന്യഭാഷാ ഭാഷണമല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു ശക്തിയാണ് ഒരു പവറാണ് എന്തിനു വേണ്ടി ഈ പവർ ഓ കൽപ്പന കാക്കാൻ പവർ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ശക്തിയോടെ തുടരാൻ നമുക്കൊരു പവർ ആവശ്യമുണ്ട് നമുക്ക് വ്യക്തത ഇല്ലാത്തിടത്ത് ഒരു വ്യക്തതയോടെ പോകാൻ ഒരു പവർ ആവശ്യമുണ്ട് നമുക്ക് ഈ കോളിളക്കമുള്ളതിൻ്റെ മുകളിൽ സ്വർഗത്തിലിരുത്തപ്പെട്ട അനുഭവത്തിലായിരിക്കാൻ ഒരു ശക്തി ആവശ്യമുണ്ട് ഒരു പവർ ആവശ്യമുണ്ട് നമുക്ക് ഒരു സജീവത നമ്മുടെ കൂടി വരവുകളിലുമൊക്കെ ഉണ്ടാകാൻ അവിടെയും നമുക്കൊരു പവർ ആവശ്യമുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു റിയാലിറ്റി ഉണ്ടാകാൻ അവിടെയും പവർ ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ചില ദുസ്വഭാവങ്ങളിൽ നിന്നും പരിചയങ്ങളിൽ നിന്നും ചില മുൻകോപം പല തരത്തിലുള്ള ഒക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊരു വിമോചനമുണ്ടാകാനും നമുക്കൊരു പവർ ആവശ്യമുണ്ട് നമ്മൾ കേവലം ഒരു അടയാളത്തിൻ്റെ പിന്നാലെയല്ല പോകുന്നത് അത് നൽകുന്ന ആ ഒരു പവറിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കുക ഇന്നലെ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹമായിരുന്നല്ലോ അവർ ഒന്നിച്ച് ഭാര്യ ഭർത്താവുമായി തീർന്ന അനുഭവം അതിനുശേഷം ആ കുഞ്ഞുങ്ങളവരുടെ പരസ്യമായിട്ട് അവരുടെ ടെസ്റ്റിമണി പറഞ്ഞു ടെസ്റ്റി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ മോനും പറഞ്ഞു മോളും പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കപ്പെട്ടു സഭയിൽ മുന്നോട്ട് പോയി പക്ഷേ എങ്കിലും നിരന്തരം തോൽപ്പിക്കപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതം രണ്ടുപേരും ഇൻഡിവിഡുവലായിട്ടാണ് സാക്ഷ്യം പറഞ്ഞു ആ വരൻ പറഞ്ഞു എൻ്റെ ജീവിതം ഞാൻ കർത്താവിനെ അറിഞ്ഞു ഞാൻ ബാംഗ്ലൂരിലെ സഭയിലായിരിക്കുന്നു ആയിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും ഒക്കെയും പലപ്പോഴും തോൽപ്പിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു അതിൻ്റെ മുമ്പിൽ ഞാൻ എനിക്ക് മനസ്സിലായി ഞാനൊരു പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി അന്വേഷിക്കണം എന്ന് മനസ്സിലായി ഞാനതിനായിട്ട് ചോദിച്ചു ദൈവം എനിക്കൊരു അനുഭവം തന്നു അതേ തുടർന്ന് എൻ്റെ ജീവിതം പഴയതുപോലെ ആയില്ല വ്യത്യസ്തമായി എന്നാ മോൻ സാക്ഷ്യം പറഞ്ഞു ആ മോളെ പിന്നീട് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൾക്കും പറയാനുണ്ടായിരുന്നത് അതാണ് ഞാനൊരു സി എഫ് സിയിലുള്ള പേരൻസുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത് ചെറുപ്പം അവർ തന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ടു ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് രക്ഷക രക്ഷകനായിട്ട് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു ഞാൻ വിശ്വാസ സ്നാനമേറ്റു പക്ഷേ എങ്കിലും മുന്നോട്ട് പോകുമ്പം എനിക്കൊരു ശക്തിയുടെ അഭാവം ശക്തിയുടെ കുറവ് എന്തോ ഒരു പോരായ്മ എന്തോ എന്തോ എനിക്ക് മുന്നോട്ട് പോകാനൊക്കാത്തതുപോലെ തോന്നി അപ്പോഴേ ദൈവോജനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവാണെനിക്ക് ആവശ്യം എന്ന് മനസ്സിലായി ഞാനതിനായിട്ട് ചോദിച്ചു ദൈവനെ സഹായിച്ചു അതിനുശേഷം ജീവിതം പഴയതുപോലെ ആയിട്ടില്ല അതിനുശേഷം ഒരു തോൽവിയും ഉണ്ടായിട്ടില്ലെന്നല്ല പിന്നെയും തോൽവികളുണ്ടാകാം അല്ലാതെ ഒരു ഒരു ഇമ്മ്യൂണായി തീർന്നു എന്നല്ല അത് റിയലല്ല അങ്ങനെയല്ല അത് നമ്മൾ ഈ ലോകം വിട്ടുപോകുന്നത് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും എന്നാലും ഇതിനെയൊക്കെ അതിജീവിക്കത്തക്ക ഒരു ശക്തി എനിക്ക് ലഭിച്ചു എൻ്റെ ജീവിതം പിന്നീട് പഴയതുപോലെ ആയില്ല ഞാനൊരു അനാഥനല്ല അനാഥയല്ല എനിക്ക് വ്യക്തതയില്ലാതെ നിൽക്കണ്ട എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ഉറപ്പോടെ ധൈര്യത്തോടെ ശക്തിയോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നൊക്കെ ആ മോളും സാക്ഷ്യം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ വളരെ വളരെ അപൂർവമായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുള്ളൂ നമ്മൾ മിക്കപ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതത്തെ കേന്ദ്രീകരിച്ചാൽ സംസാരിക്കാറുള്ളു എന്നാലങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പലർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ലേ അതിനായിട്ടൊരു പ്രാർത്ഥനയില്ലേ അതിനായിട്ടൊരു അനുഭവം ഇല്ലാത്തവരുണ്ടോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആ നിലയിലുള്ള ഉദവികളും നമുക്കും ഉണ്ടാകണമെന്നാണ് എങ്ങനെ നമുക്കത് ലഭിക്കും മൊത്തുശേഷം ഏഴാമധ്യായത്തിലെ കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കിതിനെക്കുറിച്ചൊരു താൽപ്പര്യമുണ്ടായാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏഴാമധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവന് ലഭിക്കും അന്വേഷിക്കുന്നവൻ കണ്ടെത്തും മുട്ടുന്നവന് തുറക്കും മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും ഇവിടെ ചോദിച്ചാൽ നന്മ കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ വചനത്തെ വചനത്തോട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതേ കാര്യം ലൂക്കോസിഡ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ഇതേ കാര്യം തന്നെ പറയുന്നിടത്ത് നോക്കിയാൽ നന്മ എന്നുള്ളതിന് പകരം അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് യൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നോക്കുക അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും അപ്പോൾ ഈ നന്മയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ നമ്മൾ എന്താണ് വേണ്ടത് നമ്മൾ ചോദിക്കണം യാചിക്കണം അന്വേഷിക്കണം മുട്ടണം യാചിച്ചാൽ കിട്ടും അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടിയാൽ തുറക്കപ്പെടും എന്നാൽ അവിടെ കണ്ടോ കർത്താവതിനോട് ചേർന്ന് വേറൊരു കാര്യം പറയുന്നുണ്ട് അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഈ നിലയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് നമുക്ക് ഉപദേശം നൽകുന്നതാണ് നമ്മളെ ഒരു സ്വർഗീയ അനുഭവത്തിൽ കൊണ്ടുപോകുന്നതാണ് സജീവത നൽകുന്നതാണ് യാഥാർത്ഥ്യബോധം നൽകുന്നതാണ് ജീവൻ നൽകുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് അതിനായിട്ട് ചോദിച്ചാൽ വേറെ വല്ലതും നമുക്ക് ലഭിക്കുമോ എന്ന് ചിലർക്കൊരു പേടിയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഈ ചുറ്റുപാടും ആത്മാവിൻ്റെ പേരിൽ വ്യത്യസ്തമായ പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞൊരു കാര്യം അന്വേഷിച്ചാൽ അവസാനം നമ്മൾ ഒരുതരം മതഭ്രാന്തരായി പോകുമോ എന്തോ വേറൊരു തരം ആളുകളായി പോകുമോ എന്നൊക്കെ ഒരു പേടി ചിലർക്കെങ്കിലുമുണ്ട് ഇതറിയാവുന്നതുകൊണ്ട് കർത്താവ് പറയുക മകൻ അപ്പം ചോദിച്ചാൽ ഏതെങ്കിലും പിതാവ് കല്ല് കൊടുക്കുമോ കൊടുക്കേല എന്തേ കൊടുക്കുകയുള്ളൂ അപ്പം തന്നെ കൊടുക്കുകയുള്ളൂ റിയലായ സാധനമേ കൊടുക്കുകയുള്ളൂ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയല്ല മീനനെ ചോദിച്ചാൽ സ്നേഹമുള്ള ഒരു പിതാവ് എന്ത് തരികയില്ല പാമ്പിനെ തരികയില്ല അതുകൊണ്ട് നിങ്ങളെന്താ ചോദിക്കാൻ പേടിക്കണ്ട യഥാർത്ഥമായതേ തരികയുള്ളൂ നമ്മുടെ സ്വർഗീയ പിതാവിനെ നമുക്കറിയാമല്ലോ അവിടുന്ന് സ്നേഹവാനായ പിതാവാണ് അവിടുന്ന് നമ്മളെ നമ്മളെ ചോദിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കർത്താവ് നമുക്ക് തരും അതുകൊണ്ട് മറ്റെന്തെങ്കിലും ലഭിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു തരം ആളുകളായി നമ്മൾ കരുതല്ലേ നമ്മൾ അതുകൊണ്ട് പേടിക്കണ്ട പേടിക്കേണ്ട നമുക്ക് കർത്താവിനോട് ചോദിക്കാം ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളിന്ന് രാവിലെ രാവിലെ സംസാരിച്ചത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ആവശ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവമാണ് ആദ്യ അനുഭവം എവിടെ വെച്ചെന്ന് ലഭിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ചു പക്ഷേ ആ അനുഭവം ഒരു പൂർണ്ണമായ അനുഭവമല്ല രണ്ടാമത് അതിൻ്റെ ഒരു നിറഞ്ഞ് കവിയുന്ന ശക്തി ലഭിക്കുന്ന ഒരു അനുഭവം അതിനെയാണ് പരിശുദ്ധാൽമ സ്നാനമൊന്നും ആത്മനിറവിലുള്ള ജീവിതമൊന്നുമൊക്കെ പല വാക്കുകളിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും പലപ്പോഴും പരാമർശിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടോ നമുക്ക് ഈ ചോദ്യത്തെ ഇന്ന് നേരിടാം നമുക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടോ അതോ ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് സി എഫ് സിക്കാർക്കുള്ളതല്ല പെന്തോക്കോസുകാരായ ആർക്കൊക്കെയോ ഉള്ള ഒന്നാണ് എന്നാണോ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചേക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ അവർക്ക് ഓ സാക്ഷിപ്പാനായിട്ടൊരു ശക്തി വേണമായിരുന്നു കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങളെൻ്റെ സാക്ഷികളാകും നമുക്കൊരു ഉപദേശം വ്യക്തതയില്ലാതെ ഇരിക്കുന്നു നമുക്കൊരു സഹായം ആവശ്യമുള്ളതായിട്ടിരിക്കുന്നു നമുക്ക് ജീവിതത്തിൽ യാഥാർത്ഥ്യം കുറവുള്ളതുപോലെ തോന്നുന്നു നമുക്ക് ജീവിതത്തിൽ ഒരു സജീവതയില്ലാത്തതുപോലെ തോന്നുന്നു നമുക്ക് പല രീതിയിൽ നമ്മൾ പരിമിതപ്പെട്ടവർ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമതൊരനുഭവം അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ അത് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലുള്ള സഹോദരങ്ങൾക്ക് വ്യക്തതയായിരുന്നു അവർക്ക് കാണാവുന്ന ദൃശ്യമായ അവരിലൂടെ അന്യഭാഷയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉറപ്പോ അവർക്കൊരു ശക്തിയോ അവർക്കൊരു ധൈര്യമോ അവർക്കൊരു ബലമോ നൽകുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെയൊരു ദൃശ്യമായ കാണാവുന്ന ഒരു ബോധ്യം ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് കർത്താവിനോട് ചോദിക്കുക യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുന്ന ലഭിക്കും മുട്ടുന്നവന് അത് തുറക്കപ്പെടും ഓ വേറെ എന്തെങ്കിലും ലഭിക്കുമെന്ന് പേടിക്കണ്ട സ്നേഹവാനായ പിതാവ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതേ തരൂ അതിനായിട്ട് നമുക്ക് ചോദിക്കാം ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഈ സഭയിലേക്ക് വന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തെ ജയിപ്പാൻ കഴിയുന്നുണ്ടോ പലപ്പോഴും ഒരു സഹായം വേണ്ടതുപോലെ തോന്നുന്നുണ്ടോ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയല്ല അപ്പം ചോദിക്കേണ്ടത് അതിനെല്ലാം ഉള്ള ഉറ്റമൂലിയായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടാവുകയോ പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ് എനിക്ക് ഇന്നിന്ന ലക്ഷണങ്ങളായിട്ട് തോന്നുന്നത് എന്ന് പറയുക ഒരാൾക്കൊരു തലവേദന തോന്നുന്നു ടെമ്പറേച്ചർ തോന്നുന്നു ടെമ്പറേച്ചറിനുള്ള മരുന്നും തലവേദനയ്ക്കുള്ള മരുന്നുമല്ല വേണ്ടത് ഇതെല്ലാം വേറെ ഏതോ ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആ രോഗത്തിനുള്ള മരുന്നാണ് വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ശക്തിയുടെ അഭാവം ധൈര്യത്തിൻ്റെ അഭാവവും സാക്ഷിക്കാനുള്ള കോധൈര്യമില്ലായ്മ ഇതെല്ലം ഉണ്ടെങ്കിൽ കേവലം അതിനായിട്ടല്ല ചോദിക്കേണ്ട അതിനെല്ലാം ഉള്ള ഒറ്റ മരുന്നായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെ ഒരു അനുഭവത്തിനായിട്ട് നമ്മൾ ചോദിക്കണം ചോദിക്കണം നമുക്ക് ദൈവสนധിയിലെ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മൾ പാടിയല്ലോ കർത്താവേ നമുക്ക് എന്തു തരും നമുക്ക് ശക്തി തരും ശക്തി തരും അർകൊണ്ട് നമുക്ക് പവർ തരും എന്നാണ് നമ്മൾ ഇന്ന് പാടിയത് वे सिंग ग्लोरी ओ